ഉത്തമ ഗീതം അധ്യായം ഒന്ന് ശലോമോന്റെ ഉത്തമഗീതം അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യകുമാർ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പിന്നാലെ എന്നെ വലിക്ക നാം ഓടിപ്പോകാം രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും നിന്റെ പ്രേമത്തെ വീഞ്ഞനേക്കാൾ ശ്ലാഘിക്കും നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ ഇരുഷുലേം പുത്രിമാരെ ഞാൻ കറുത്തവൾ എങ്കിലും കേദാരിയ കൂടാരങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശ്ശീലകളെപ്പോലെയും അഴകുള്ളവളാകുന്നു എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കെയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കെയാലും എന്നെ തുറിച്ച് നോക്കരുത് എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലാത്തനും എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക ആടുകളെ മേയിക്കുന്നത് എവിടെ ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെപ്പോലെ ഇരിക്കുന്നത് എന്തിന് സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്നു ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാം എന്റെ പ്രിയെ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സുവർണ സരപ്പിളി രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്റെ ജഡമാംസേ സുഗന്ധം പുറപ്പെടുവിക്കുന്നു എന്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻകെട്ടുപോലെയാകുന്നു എന്റെ പ്രിയൻ എനിക്ക് എൻ ഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു എന്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണുപോലെ ഇരിക്കുന്നു എന്റെ പ്രിയനെ നീ സുന്ദരൻ നീ മനോഹരൻ നമ്മുടെ കിടക്കയും പച്ചയാകുന്നു നമ്മുടെ വീട്ടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവും ആകുന്നു